തീർച്ചയായും നാം നൂഹ അലി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു അൻപത് വർഷമൊഴികെ ആയിരം വർഷം അദ്ദേഹം അവർക്കിടയിൽ താമസിച്ചു പിന്നീടവർ അക്രമികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി